أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالم الصلاة والسلام على كلم الله محمد وآله وصحبه أجمعين ومنها أن تكون هنايته بسهتير علم نافيه ومنها عدل فتدعنا يدلين يدلين أقابل المدنة അന്തകൂനുഹൂ അവന്റെ ആ ഹൃദത്തിൽ ഉപകാരപ്രദമായ ഇൽമിനെ കർശമാക്കൽ ഉണ്ടായിരിക്കണം അവരുടെ ലക്ഷ്യം വേറെന്തല്ലോ പലരും സ്പെഷ്യലിസ്റ്റ് ആകാനോടൊന്നും ഇവിടെ പറയുകയില്ല എങ്ങട്ടിബാദാസുകളിൽ ആഗ്രഹം പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഇൽമുനാഫി കർശനമാക്കലായിരിക്കണം ലക്ഷ്യം മൂതിത്തനിമല്ലിൽ ഒഴിവുമില്ല തിലു നത്തുക ഉപകാരം നന്ന് കുറഞ്ഞു പോകുന്ന ഒഴിവോ അതെന്നെ അറി നിൽക്കുന്നവെന്ന് അറിയിക്കണം മാത്രമല്ല വൽക്കത്തുറ തീഹൽ ജില്ലാലു വൽക്കീലവൽക്കാലും അങ്ങോട്ടിങ്ങോട്ടുള്ള തർക്കങ്ങളും തീരയും കാലയും വർദ്ധിക്കുന്ന ഇൽമേതാണോ അതെല്ലാം ഒഴിവാക്കിയിരിക്കണം സ്വവിസാരമായി ഉയരുവാൻ ഇൽമില്ലഹമാൽ അമലിന്റെ ഇൽമം ഇനി അവഗണിച്ചുകൊണ്ട് വൈഷ്ഠ കുടുംബിൽ ബിതാട് കൊണ്ട് ഏർപ്പെടുന്നവന്റെ ഉദാഹരണം ഏതാണെന്നുവല്ലോ മഹരു വജുലിൻ ഒരു ആള ഉദാഹരണം മരീന്ന് രോഗിയായ ഒരാൾ നിഹി ഏഴും കീടത്തിൽ അദ്ദേഹത്തിന് ധാരാളം രോഗമുണ്ട് വക്തസാധകീപൻഹാദിത്തൻ പ്രഗത്ഭനായ ഒരു ഡോക്ടറെ അയാൾക്ക് കണ്ടിരിക്കുകയും ചെയ്തു എപ്പോൾ ഈ വക്തത്തിൻ നെയ്യത്തിൻ വളരെ കുടുത്താതൊരു സമയമാണ് ും നഷ്ടപ്പെടുന്ന ഇയാൾക്ക് ഉള്ളത് ആ വക് കിട്ടുന്ന സമയത്തല്ലോ നഷ്ടപ്പെടുന്ന സമയത്താണ് അതിന്റെ ഡോക്ടറെ കിട്ടിയത് ഇയാൾക്ക് ഒരുപാട് രോഗമുണ്ട് ചോദിച്ചത് അങ്ങനെ ഇയാൾ ചെയ്ത പണി എന്താണെന്നല്ലയോ ഫസ്റ്റ് അക്കാസേർ ഒറ്റ മോലിയ മരുന്നന്റെ ഹവാസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത് എനിക്കെന്ത് രോഗം എന്താ എനിക്ക് എന്താ കണ്ടുപിടിക്കുന്നു അല്ല ചോദിക്കുന്നത് അക്കാസേർ വല്ലഭിവിഞ്ഞി അതുപോലെ മറ്റു മരുന്നുകളുടെയും ീബായ വശങ്ങളെക്കുറിച്ചല്ല ഇവർ ഇങ്ങനെ ചോദിച്ചിട്ടിങ്ങനെ ചോദിച്ചു അത് ഇവന്റെ പിടികൂടപ്പെടുന്ന ഫഖാല അന്ദുതു മർന ഹല്ലിമീ മിൻ ഗറാബിൻ ഇൽമീ ഫദീബായ അൽമുദറമ ഇൽമീ ലക്ക എനിക്ക് പഠിപ്പിച്ചു തരണം നബിയേ എന്ന് പറഞ്ഞു ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ധഹതിനോട് പറയുന്ന മാ സനാകതി റദിൽ ഇൽമീ അൽത്താന വറമാ ഇൽമീ എന്ത് ചെയ്യൂ എന്ന് പറഞ്ഞു ഫഖാല വമാ റസുൽ ഇൽമീ എന്താണ് എന്ന് ചോദിക്കുന്നു ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹൽ അറഫ് റബ്ബക അല റബ്ബ് സുബ്ഹാനഹു വതആല നീ അർജിതുണ്ടോ എന്ന് ചോദിച്ചു റിഞ്ഞിട്ടുണ്ട് അതടിസ്ഥാനപരമായ വിൽമ സമാ ഹക്കിന് ഇന അന്നാന്റെ ഹക്ക് വീടുന്ന വിഷയത്തിൽ നീണ്ടു പ്രവർത്തിച്ചു എന്നാ ചോദ്യം സകാല തന്നാഹ അനിയും ചോദിച്ചു മൗത്ത മൗത്ത് എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടോ കാലനഹം കാല സമ അകത്തരങ്ങ മൗത്തിലേക്ക് വേണ്ട നീ എന്താണ് തയ്യാറാക്കി വെച്ചതെന്ന് ചോദിച്ചു കാലമാശ അല്ലാന്ന് ആ പറഞ്ഞ കാര്യങ്ങളിൽ ഉള്ളത് പിന്നെ പഠിപ്പിച്ചു തരാം മുത്തല്ലിമാരായിരിക്കണം എന്ന പറയുന്നത് ഹാത്തിമുൽ അസം റബിയുള്ള നിവാതിരിയപ്പെട്ട ചരിത്രം ഉണ്ട് ആരാധകുൽ ബബിയുല്ലാഹുഹു ഷഫീഖു ഹാത്തിമുൽ അസമിനോട് ചോദിച്ചു മുന്തു കം സഹീബ് തനി എത്ര കൊല്ലമായി എന്റെ കൂടെ കുഴപ്പത്തിലും ഹാത്തിമ മുന്തു സലാസിമ സലാധീനെ തന്നെ മുപ്പത്തിമൂന്ന് കൊല്ലമായി എന്ന് പറഞ്ഞു കാല സമാദ് ഈ കാലയളവിൽ നീ എന്താ പഠിച്ചത് എന്നാ ചോദിച്ചത് കാല സമാന മസായില എട്ട് മസ്തലയാ പഠിച്ചത് കാല ശസൈത് റവിയെന്ന് പറയുന്നത് നിന്റെ കൂടെ കാലം മുഴുവൻ ഗുണമെന്റോണോ പലം സതാന്നമില്ല സമാനിയട്ട് മസ്തല അല്ലാതെ ഒന്നും പഠിച്ചിട്ടില്ല ാത്ത മറ്റൊന്നും ഞാൻ പഠിച്ചിട്ടില്ല കളവറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടെ എട്ട് മക്കൽ എന്താണെന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു പറയുന്നു കൽക്കി ഞാൻ പടക്കുകൾക്കുള്ള നോക്കി മഹബൂബൻ ഓരോരുത്തരും ഓരോ മഹബൂബിനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടിട്ട് സുഹൃത്തുക്കളായിട്ട് കഴിയുന്നുണ്ട് മഹബൂബിനോടൊപ്പം എത്ര വരുണ്ടാവും കബുർ വരെ ഉണ്ടാവും എത്തിയാലോ അവർ പിരിയു അതുകൊണ്ട് മഹബൂബി ഹസനാത്ത മഹബൂബാസിയും فايذا دخلت القبر دخل مع قومي مائي مائيه سنوات قبر انقدوا فقال احسنت يا هاتين ماذا انملت انت امتانيت اللمتاه ورانا فقال لنرتقي قول الله عز وجل من خاف مقام ربه ونهى نفس عن الهوى فان الجنه هي المغوا ربنده بجانب لكلكن بيركي لك െ തള്ളിയുകയും ചെയ്താൽ സ്വതകമാണ് അവന്റെ താമസസ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ അങ്ങനെ തള്ളിക്കളയാൻ വേണ്ടി ഞാൻ അങ്ങേയറ്റത്തെ ജിഹാദ് ചെയ്തു അങ്ങനെ നെപ്സന്ത അള്ളാന്റെ മോഡലടി ഉറച്ചിരിക്കുന്നു അസ്ാദിക ഈ പടപ്പ് കടക്കളിലും നോക്കി പറഞ്ഞു അവന്റെ അടുക്കൽ എന്തെങ്കിലും മൂല്യമുള്ള വല്ല വസ്തുക്കളും ഉണ്ടെങ്കിൽ നിൽക്കാറുണ്ടെങ്കിൽ അതിനെ സൂക്ഷിച്ചു വെച്ചിട്ട് ആറ്റും കൊടുത്താതെ സൂക്ഷിച്ചു വെക്കും കുമ്മൻ അതിർത്തില്ല കോടില്ലാഹിന്റെ കോടിലേക്കിനാ നോക്കുന്നത് തീർന്നുപോകും അള്ളാനിടത്തിലു വന്നു ലഹു കീമത്വം വന്നിക്കതാനും അതുകൊണ്ട് മൂല്യമുള്ള വല്ല വസ്തുക്കളും എന്റെ കയ്യിൽപ്പെടുകയാണെങ്കിൽ അന്നാലടുക്കിലേക്ക് അതിനെന്താക്കും വെച്ചു കൊടുക്കും അത് അള്ളാനടുക്കൻ മഹബൂ ആവട്ടെ അഥവാ നാലാമത്തെ ഈ പടപ്പുടക്കുള്ള നോക്കുമ്പോൾ പറയത്തു പുല്ലവാഹിതംന്നും ഓരോരുത്തരെ ഞാൻ കാണുന്നു നസബി വസ്ത്രി സമ്പത്തി അതുപോലെ പലതരത്തിലുള്ള യോഗ്യതകൾ തർവാടമഹിമ കുടുംബ പാരമ്പര്യം ഇതിലൊക്കെ അതെല്ലാം നോട്ടും മുടക്കവും സിംഹ പൈലാഹി ഞാൻ ചിന്തിച്ചു നോക്കുമ്പോൾ അതൊന്നും ഒരു ശൈലി അല്ലാതെ കൊണ്ട് ثم نضرط إلى قول الله أنس وجل إنا أكرمكم إنا الله أططاكم لنالك لنقصة للناس يكتبهم وهم عمل العلامين الله نركوه تكوه إلا من عالمنا وعالمنا فعملت في التكوه حتى أكون عند الله كريما نعلم الله نركوه كريما إماران بردي تكوه إلا أكل عمل شيء النور الخامسة أنجامة واسألة أني نضرط إلى هذا الخلق يفرق لكل ناموك وهم يتحن بعضهم لبعض وقال ان بعضهم اعلى ترى ترىErrorf ನಿವರ್ತಿಸ್ತೊಂಡಿಕ್ಕೆನ್ನುnde ಗಾನತ್ತು ಮಾರ್ಪರಂ చేತೊಂಡಿಕ್ಕೆನ್ನುnde ಸಂಘಟನ போದೆಪೇ ಇದೆಲ್ಲಂತ ಆನು ವಾಸುನಹಾದಾ ಕುಲ್ಲಿಹಿ ಇದೆಲ್ಲ ಅಡೀತಾನ ಕಾರಣ ಅಂತ ಅಲ್ ಹಸದಾನು ಅರ್ಥದೈ ತುಂಬಾ നല്ല ಅರ್ಥ ಇದಾ ಕುಲ್ಲಿಹಿ ಇಲ್ಲ ಯಸದಲ್ಲ ನಹನ ಕತ್ತನಾ baina hum ma'eesk tahum fil hayatid dunya ഗുഞ്ഞാവിന്റെ ഹജാത്തിൽ ഓരോരുത്തർക്കുള്ള മാനിക്യത്തിന് നമ്മളാണ് പങ്കിട്ട് കൊടുത്തിരിക്കുന്നത് എന്നാണ് ഓരോരുത്തർക്ക് ഇത്ര ശതമാനം ഇത്ര ശതമാനം അതിനാൽ തടസ്സ ഹസത ഹസദിനെ ഞാൻ ഉപേക്ഷിക്കുകയും വലുതനം പൊട്ടൊരു ഹൽക്ക പടപ്പുകളുമായി ഞാൻ അകന്നു നിന്ന് യുദ്ധത്തിന്റെ ഓഹരി അന്നാടവക്കൽ നിന്ന് കിട്ടുന്നതാണ് എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു അതാ വത്തൽ കൽത്തി ഞാൻ നീ എന്റെ തൊട്ട് പടപ്പുകൾ അതാപത്തും ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു എന്നോട് അസൂയൊക്കെ ഞാനുണ്ടാവില്ല നിനക്ക് അവിടെ അസൂചിക്കാം അസാദിത്തൽ ഈ പടപ്പുകളെ ഞാൻ നോക്കി പലരും പലരെ മേൽ അക്രമം ചെയ്യുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു ചണ്ട കൗലില്ല യഥമല്ലാതെ കൗലിലേക്ക് ഞാൻ നോക്കുമ്പോ പിന്നെ അതും അതും സൈഫാനാണ് നിങ്ങൾക്കുള്ള അതും അവനെയാണ് അതും വാക്കേണ്ടത് എന്നുള്ളതാണ് പരസ്പരം അടിപൊളി കൂടെയല്ല വേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് സഹായുഹു വഹദു ഞാൻ സൈസാനോട് മാത്രം ചത്വ പുറത്തുന്നു വലി സഹത്തു അസതി അവന്റെ ചതിയിൽപ്പെട്ടു പോകുന്ന ഞാൻ എപ്പോഴും സൂക്ഷ്മത കൊണ്ട് അധ്വാനിക്കുകയാണ് قال رب ان الله ترى شد عليه انه ادوب لي او شترمان الله تعالى بالله شاهدين لؤ فتركت عداوه الخلق غير ال غيري اوللاطى ضرب ورول العداوه تن باندا نذكرن اسماءكم اعلامت مسلى نظر الى هذا الخلق فرات كن واحدا منهم يطلب هذه الثرت ഈ ഒരു റൊട്ടിക്കഷ്ണത്തിന് വേണ്ടി തേടി നടന്നിട്ട് ഓരോരുത്തരും തേടി നടക്കുന്നതായിട്ട് ആ കാണുന്നുണ്ട് ആ രിക്കഷ്ണം കിട്ടേണ്ട വിഷയത്തിലായിക്കൊണ്ടിട്ട് അവന് നഫ്സി അവൻ ദില്ലത്തിലാക്കുന്നുണ്ട് വയത് ഹലാനല്ലാത്ത മാർഗത്തിൽ പോലും അവൻ പ്രവേശിക്കുന്നുണ്ട് ഉമ്മന ഭൂമിയിൽ ഒറ്റ ദാമ്പത്തുമില്ല അള്ളാഹുതാലൻ അതിന്റെ ഋതുക്കേറ്റെടുത്തിട്ടല്ലാതെ അതുകൊണ്ടപ്പോ ഈ ഭൂമിയിലുള്ള ദാമ്പത്തിൽപ്പെട്ട ഒരു ദാപത്ത് മാത്രമാണ് ഞാൻ അല്ല കിയറല്ലാ ഹിദുക്കുഹ അതിന്റെ ഋതുക്കും അള്ളാന്റെ മേൽ തന്നെയാണെന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് അള്ളാഹുതാലെ എന്റെ മേരിൽ ബാധ്യതയായ കാര്യങ്ങൾ എന്താണോ അത് വീട്ടാൻ വേണ്ടി ഞാൻ തയ്യാറാകുന്നു അന്നാൻ അടുക്കൽ നിന്ന് മക്കളിൽ നിന്ന് എനിക്ക് കിട്ടുന്ന കാര്യം ഞാൻ ഉപദേശിക്കേണ്ടിയിരിക്കുന്നു അത് സമൂഹമാണ് അട്ടാമിലത്തും എട്ടാമത്തെ വർക്കാൻ എന്തോർത്തിയില്ല ആ ദുഃഖത്തിലേക്ക് ഞാൻ നോക്കി പ്രായിക്കും പുല്ലവും മുട്ടവക്കലീനാലാ മസലൂക്കിൻ ഓരോ തരത്തിലുള്ള മക്കദൂക്കാത്തിന്റെ മേലിലാണ് അവരുടെ തവക്കനു മുഴുവനും ആദാല ധൈര്യത്തി ഒരാളവരുടെ കോഷത്തിന്റെ മേലെ മഹാതാളാധികാരത്തി വേറാളെ കച്ചോടത്തിന്റെ മേലെ മഹാധാരാ സനാതിഹി വേറാളവന്റെ തൊഴിലിന്റെ മേലെ പണിയില്ലെങ്കിൽ ജീവിക്കില്ല എന്നാ പറയും ബാലാഹാതാര സിക്ഷത്തി പതിനി ചില പറയുന്ന ആരോഗ്യമുണ്ടാകും വക്കുലിന്ന് മഹലോക്കും മുത്തവക്കിരുന്ന ആ മഹലോക്കും ഹി ഓരോക്കളും അവരെ പോലോത്ത മറ്റൊരു മഹലോക്കിന്റെ മേലിലാണ് ത വക്കുരാജീറ്റ് കാണുന്ന فراجعوا اذا قول الله سبحانه وتعالى ان قوله اذا ناكي فا مني من ومن يتوكل على الله فهو حسبه قال عندما من تمكن اضيعان ان الله هو الذي اضيعان او قال توكلت على الله عز وجل فهو حسبني ثم عبر قال صلى الله عليه وسلم يا حاتم ايه حاتمه വസ്ത്രക്കൊള്ളാട്ടാന അള്ളാഹു തല നിനക്ക് ടോഫി നൽകട്ടേനാവാം നൽകിയിരിക്കുന്നു പൈനെ നലർത്തീ ഓരോമി ചൗറാത്തിളർത്തു നലർത്തു ഈ ഓരോമി ചൌറാത്തി വലുഞ്ചിയിൽ വലുതം പുറക്കാടിൽ നദിയും ഈ നാല് കിട്ടാബിലെ ഓരോ മുകളിലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഒരുവൻ ഹൈറൻ ദൈനങ്ങളും ദീനിയായ കാര്യങ്ങളും വഹൈതദൂറ അല ഹാദിഹിൽ മസാഇദി സമാൻ മസാഇൽ നീ പറ ദൈഷ്ട മത്രണ്ട മെല്ലാണ് അത് മുറൂലും കറങ്ങി കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി സമാൻ ഇഹ്മലഹ അത്เชิงക്ക് ഉപയോഗപ്പെടുത്തിയാൽ ഫകദിച്ചക്കും അൽ കുതുബൽ അർബഅത നാല് കിതാബുകളേയും പ്രാദവുള്ള വെക്കിച്ചവനാണ് എന്ന് മനസ്സിലായി മഹാകവി പണ്ണു മിനൽ ഇൽമിൽ ആയഹത്തമൊക്കെ എതിരാക്കി ഹി വർത്തപത്വനിരഹു ഇല്ല ഉരമാവുൽ ആഹ് വിൽമിൽപ്പെട്ട ഈ പണ് ഇത്തരത്തിലുള്ള പന്ന് എതിരാക്കി ചെയ്തുകൊണ്ട് ലക്ഷ്യം പക്കൂല അതിനെ ബുദ്ധിപരമായി ചിന്തിക്കാനും നോക്കൂല ഉരമാവുൽ ആഹ്ത അല്ലാതെ പാമ ഉരമാകുന്നു എന്ന് ശമ്പളം വർദ്ധിക്കാനുള്ളതിന്റെ പരിപാടി എന്തെങ്കിലും ഉണ്ടോ വസ്തുക്കൾക്ക് അധികം കിട്ടാനെന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കിട്ടാനുണ്ടോ എന്നാണ് നോക്കുന്നത് ഹും സമ്പാദിക്കാൻ എളുപ്പമുള്ള വിദ്യ എന്താണ് അതുകൊണ്ടാണ് ഏർപ്പെടുക വയു മീല സംസാര ഹാദിന്ദ്രനവുമില്ലത്തി ഇശ്റത്തിൽ ലഹൂദുമിന മുർബീസകീം ജിയം ബിലതൂമ അല്ലാഹു ബിഹൻ നബിയാ അകുല്ലഹും അലൈഹിസ്സലാത്തു വസ്സലാമുന മുളവനം അല്ലാഹു തആല ചിത്രുന്ന ആറുദുമിന മുർബഗടികീം ജിയം മാന ഇജാഹു മർദിചാന ലന്ദം ബിവാരി ഉണ്ട് അതിലായിക്കും അവര ഗദതാ ലഖാലം റഹാകിബന ഇജാഹു ബില്ലാഹിൻ പറയുന്ന ഹദറകുതുഹും വമായ കാലിനോ ഭാഗവും മിമ്പി ഇല്ലൽ വറ ഞാൻ മുൻകഴിഞ്ഞ ആളുകളെ ഞാൻ കണ്ടിപ്പിച്ചിട്ടുണ്ട് അവര് ചിലർ ചിലത് വക്കൽ നിന്ന് പഠിക്കാൻ എന്നാൽ വറ മുതലായ കാര്യങ്ങളെ അവർ പഠിക്കാറുള്ളൂ വകുമൊരില്ല മായ കാലിലൂടെ ഇല്ലൽക്കല ഇന്ന് കാണുന്ന ആളുകൾ ഇന്ന് ഒരുക്കലാമല്ലാതെ വെറും സംസാരം വർദ്ധിപ്പിക്കാനുള്ള വേറെ ഒന്നും കാണാനില്ല വമിൻഹ അതിൽപ്പെട്ടതാണ് അതിൽ നിന്ന് ഏതിലാന്നെ മനസ്സിലാക്കും ആഭാസ്വണോ നീങ്ങണ്ടെന്നല്ലോ അഞ്ഞപോനെൻ ഇലത്തറപ്പുഹി ആഡംബരത്തിലേക്ക് ചായാത്തവനായിരിക്കണം എന്തിരി അമി ഭക്ഷണത്തിന്റെ വിഷയം വൽമസമി കുടിക്കുന്ന വിഷയം വർത്തന അമിസിൽ മൽബസി ധരിക്കുന്ന വിഷയത്തിലുള്ള ആഡംബരം വസ്തം മൊനിച്ചില്ലത അതുപോലെ പൊരയിലുള്ള ഫർണിച്ചർ സാധനങ്ങൾ അതിലൊക്കെ ഇങ്ങനെ ആഡംബരമാക്കി വെക്കരുത് വൽമത്ത അതുപോലെ വീട്ടിനും ൂഹത്തീനുള്ള ജമീൻ ഇതാര ഈ പറയപ്പെട്ട കാര്യത്തിലെല്ലാം ഒരു മധ്യതല മാത്രം കൈക്കൊള്ളേണ്ടതാണ് എന്നിട്ട് വയക്കച്ചപ്പൊത്തി മാർഗമാണ് അവിടെ അവൻപറ്റേണ്ടത് വയമീരുള്ള ലിത്തിപ്പാ ഇക്കൽ ജമീത ഈ പറയപ്പെട്ടതിലൊക്കെ കുറഞ്ഞതുകൊണ്ട് വരുത്തപ്പെടാൻ അവൻ തയ്യാറാവേണ്ടതാണ് വക്കുല്ലമാകാതെ ഇലാത്തി മൈലുഹൂ قرآن بها قد تلك عن أبلد شعايا الاتصور برضيك النبو إزداد من الله قربه الله ما جلد قربه يركون لهذهكم وارتفى في الماء إلا خلت حزبه أبلد قوتم ولماء إلا خلت إليك أدير يمكيم يم. ويشهد لله لك أبلد لك برمدان ما حكي أن بالأبل الله الخباطر من الله ونهوه ورعران وكان من صحابي حتم اللصنه هذا من أثناء في قبل قبل قبل ഘട്ട വെച്ചപ്പോ അമ്മു പിന്നെ തോക്കുന്നു അത് കാലദത്തും അഹാറ്റിയും ഞാൻ ഹാത്തിമുണ്ടത്തോടൊപ്പം പോയിട്ടേറ്റിന്റെ തീയിലേക്ക് മഴ വജുരൻ എന്റെ കൂടെ മുന്നൂറ്റി ഇരുപതാളുണ്ടായിരുന്നു എന്തിനാ പോകുന്ന ജൂലിയേറ്റൊരു ഹജ്ജ ഹജ്ജിന് പോകുകയായിരുന്നു നിർമാണിക്കു എന്നുള്ളത് ഈ തൂക്കളൊക്കെ ധരിക്കുന്ന വസ്ത്രത്തിന്റെ പേരാൻ തോന്നുന്നു വലയിച്ച മഹകും ജിറാബും വല താമൻ അവടെ കൂടെ കുടിക്കാനുള്ള പാത്രം പോലും ഭക്ഷണം നടക്കുന്ന കഞ്ചിട്ടല്ലോ അതൊന്നും ജിറാബ് എന്ന് പറഞ്ഞാൽ ഈട്ടിട്ട് തുടിക്കുന്ന കഞ്ചി പട്ടി താമൂല്ല അങ്ങനെയാണ് മുന്നൂറ്റി ഇരുപതാളെ ഹജ്ജിന് പോകുന്നത് കച്ചവടക്കാരിൽപ്പെട്ട ഒരാളെടുത്തിലേക്ക് എത്തിയമ്മോ മുട്ടക്കച്ചിപ്പ് എന്ന് പറഞ്ഞാൽ അയാൾ വലിയ എളിയ ജീവിതം നയിക്കുന്ന ഒരാളാണ് യുഹിബുൽ മസാഖി നിസ്റ്റിമാരോടൊക്കെ അയാൾക്ക് വലിയ ഇഷ്ടം തിരിച്ചല്ല ഇല്ല അന്നത്തെ രാത്രി അദ്ദേഹം നമുക്ക് സൽക്കാരാക്കി ഫലമാക്കാനമിതൽ ഹതി നാളെയായപ്പോൾ അദ്ദേഹം പറഞ്ഞു കാല ഹാറ്റമിനോട് ഒളിയാ പറഞ്ഞു അലക്കെ ഹാജത്തും നിങ്ങൾക്ക് വല്ല ഹാജത്തും ഉണ്ടോ നമ്മുടെ നാട്ടിൽ വലിയ മൗരാർക്കുണ്ട് ആ മൗരാർക്കാണ് സന്ദർശിക്കാൻ പോവുക രോഗം സന്ദർശിക്കാൻ പോവുകയാണ് ഹുബഹലിന് ഞങ്ങൾ രോഗത്തിൽ കിടക്കുകയാണ് ഇങ്ങനെ വരുന്നോ എന്ന് ചോദിച്ചു പാല ഹാത്തിമിയുള്ള പറഞ്ഞ് ഒരു രോഗിയായ സന്ദർശിക്കാന്ന് പറഞ്ഞാൽ വലിയ കൂലിയുടെ കാര്യം പിന്നെയും ഒരു സതീയും കൂടിയാണ് വന്നതോറിയാൽ സഫീന്ന് സതീഹിലേക്ക് നോക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇബാദത്താണ് അത് രണ്ടു കാര്യം കിട്ടും വാഹനാ ഹൈന്ദ്രൻ അജീവനൊക്കെ ഞാൻ നിങ്ങളുടെ ആരാ രോഗിയും വക്കാനല്ല അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ് വാടാരാട്ടിലെ കാവ്യാർജിയാണ് ഫലമ്മാ ജിന് ഇരൻ ബാബി ബാദുക്കിലെത്തി നോക്കുമ്പോ പനിത കസറും മുഷരീഫും തലവിയെത്തു നിൽക്കുന്ന വലിയ മാളികയാണ് കണ്ടത് അസരും എന്തൊരു ഭംഗി ഹാസിം റവിയാടെ നിന്ന് മുത്തഫ കിറാൻ വല്ലാണ്ട് ചിന്തിച്ചിട്ടാണ് നിൽക്കുന്നത് എപ്പോലോ ബാബു ഹാലിമിൻ അല ഹാദിഹിൻഹാനിമിന്റെ സ്ഥിതിയായി കാണുന്നത് ഏതാനാട്ടെ തുമ്മ അതിരലഹും പിന്നെ ചേറാൻ സമ്മതം കെട്ടിയും ഏഹ് പറഞ്ഞിട്ട് ഇങ്ങനെ പോലീസിന് കണ്ടിട്ടു കൊറേ കണ്ടി എടുക്കണം അങ്ങനെ കടന്ന് പൈതാ ദാറും ഹസന ഊ നോക്കുമ്പോ എന്താണ് ഭംഗിയുള്ള ദാറ് സൗറും ആസിഹത്വം എല്ലാ സൗകര്യങ്ങളും അടങ്ങിയതും വിശാലമായതും ദഗ്രഹത്തിന് ഉല്ലാസകരമായൊരു കൊര വൈതാ ബദ്ധത്തും സുത്തൂറും പലതരത്തിലുള്ള വിഴിപ്പുകളും പടങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ട് ഹാറ്റിമുറങ്ങി നിന്നാണ് മുട്ട ഭക്തി ചിന്തിക്കും മസിരി മൂപ്പതിരിക്കുന്ന മതിരത്തിലേക്കാണ് ഇന്നെത്തിയത് വൈതാപി പുറത്തും നല്ല പദമുള്ള വീട്ടുണ്ടവിടാറാക്കി കുഞ്ഞാന മൂപ്പാധിന്യൂ ഉറങ്ങിയന്ന് വൈന്ദറഹസിലാമൻ തലഭാഗത്ത് ഒലാമന്ത്ണ്ട് കൈമലി പോക്കലുണ്ട് പഠിക്കണം പിടിച്ചിരിക്കുന്നു നിൽക്കുന്നു കാവൽക്കാരൊക്കെ ബോഡി ഗാർഡ് എന്തകൂച്ചു പോണം പോകൂ ൻ ചോദിച്ച് ഒന്നും ചോദിച്ചില്ല പാരി മുക്കാത്തിൽ പറഞ്ഞ് അനിക്ക് എന്ന് പറഞ്ഞു പക്കാലൽ ആ അജിലീസോ ഞാൻ ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു പക്കാലൽ എന്ന പിന്നെ വേറെന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ഇരിക്കുന്ന പിന്നെ പൈസ വാങ്ങാൻ എന്തൊരുപല്ല ആവശ്യത്തിനാ വന്നെങ്കിലും തന്നെ പറഞ്ഞ എന്താണ് കാല മസ്സല നിങ്ങളോട് മസ്ല ചോദിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞു കാല പറഞ്ഞ് ചോദിച്ചു കാല കോം ഹെത്താ അത് കന്നാ പിന്നെ എണീച്ചിരിക്കും എന്നിട്ട് എന്നിട്ട് ചോദിക്കാന്ന് പറഞ്ഞു പത്തവാചാലിതൻ അങ്ങനെ കാലേറെ എണീച്ചിരുന്ന് കാല ഹാത്തിമുറവിയെല്ലാം നിരോധിക്കുന്നു അതിനുസഹോം നിന്നെ ഈ പഠിച്ച ഇരുവർന്ന് കിട്ടിയതാണ് അത് ധനത കൂടിയാണ് ചോദ്യം അങ്ങനെ വന്ന് മിനാത്തി വലിയ വലിയ സിഖാത്തിന്റെ വക്കൽ നിന്നാണ് ഞാൻ പഠിച്ചത് അവരെല്ലാം എനിക്ക് ഹതീസ് പറഞ്ഞാവുന്നതാണ് കാല അമ്മൻ ഓര ശൈഹാജ് ഓറുസ്മാരാജും قال ان صحاب رسول الله صلى الله عليه وسلم عارف ما راंनो म्हणजे अंगोटा सलादा करके पी. قالوا اصحاب رسول الله صلى الله عليه وسلم عارف હતા ആമ്മൻ عارفತೆ ഇപ്പോ معاناര്യ സായിന് ഇങ്ങനൊരു നടുന്നണ്ടല്ല. قال ان رسول الله صلى الله عليه وسلم തങ്ങളെ ബക്കൽ നിന്നാണ് പറഞ്ഞു. قالവ رسول الله صلى الله عليه وسلم ആമ്മൻ عارفತೆ എന്ന്. قال അൻ ജബ്രായൽ അലൈഹി സലാം അല്ലാഹു തവല്ലാനാ തനതങ്ങ് പറഞ്ഞു. അപ്പൊ കാണ ഹാത്തിന് ചോദിക്കുന്ന കൊണ്ടുവന്ന് അടുത്തേക്ക് ഇല റസൂലു അലിയു വാദ്ദാഹു റസൂലു അലിയു ഇല അസഹാബിലേക്ക് കൊണ്ടുവന്നു വാസഹാബുഹ് കൊണ്ടുവന്നിടത്തേക്ക് ഇല്ലാത്തിൽ കൊണ്ടു തന്ന അരിച്ചയിലേക്ക് നിങ്ങളിലേക്ക് കൂട്ടത്തിൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ മങ്കാനിഹ്റ അവരെ ദാരു ഇസ്രാഫ് എന്ന ഇസ്രാഫ് ഇസ്രാഫു എന്നാൽ പൊങ്ങി നിക്കലെന്നായി നമ്മൾ നേരത്തെ മുൻച്ചിരിക്കൂന്ന് പറഞ്ഞില്ലേ വളരെ വളരെയധികം പൊങ്ങി നിൽക്കലും അല്ലാതെ സീനാണെങ്കിൽ ഇസ്രാഫുകളുടെ കുറെ അതിസൃത്തികളും അതിന്റെ വിശാലത വളരെ കൂടുതലുമുള്ള ആളെ ആരെ പറ്റി കേട്ടിട്ടുണ്ടോ കാനലഹു എന്തൊന്നാ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ കാനലഹു എന്തൊന്നാ സമയം മനസ്സിലത്താക്കുമ്പോഴാണ് അദ്ദേഹത്തിന് അന്നാനെടുത്ത് സ്ഥാനം കൂടുതലാകും എന്ന് നിങ്ങളുടെയും കണ്ടു തോന്നി കേട്ട കാലലാന്ന് പറഞ്ഞു കാല സക്കൈസ സമയത്താൽ പിന്നെ നിങ്ങൾ എന്താ ഓർവക്കെന്ന് കേട്ടതെന്നാണ് قالت أميت أنه من زهد في الدنيا ورغب في الآخرة وعبال ما سأكين وقدم الياغبته دنيا بالظاهد آبريم آخرة الراغب آبريم اسك المارة لهكو يوم آخرة لاتبارنا مذلقو فلت يا رسول يوم جيدان كانت له عند الله المنزل الله للكل اننا منزل عندنا نعم برشاو يوم قال له هاتم صورتين فامقفا أنت بمن اصدأتا أفني فين بسرارودين പഠിച്ചത് ഇങ്ങനെ ബിംബത്തിൽ ആരോടാണ് അത് ഇന്നബിഹുബിഹിഹൻ നബിയോടുംമാരോടും സാധിഹ്യങ്ങളോടാണോ നിങ്ങൾ ബിംബിച്ചത് അമ്പി ഫിറാവനൂദ് അല്ല ഫിറാവന നമുറൂദിനോടയാണോ നിങ്ങൾ മോഡലാക്കി ജീവിച്ചത് അയാളാരാ അവനും അമ്പനാജിൽ ലിസ്റ്റിവല്ലാതെ നല്ല ഇഷ്ടികയും കുമാരൻ അദ്ദേഹത്തെ പുഴയിൽ ആദ്യമായിട്ട് എടുത്ത ആളായാണ് ഫിറാനും നമുറൂദക്കിയാണ് അവരാണോ നിങ്ങൾ ജീവിതത്തിൽ മാതൃകയാക്കിയതെന്ന് ഞാൻ ചോദിച്ചത് ഞാൻ ഉടമാവ് ചൂവെ മിസിലക്കും ഞെറാഹുൽ ജാഹിറും ജാഹിദീങ്ങൾ നിങ്ങളെപ്പോലാത്ത ആളെ കാണും എങ്ങനത്തെ ജാഹിഅാൽ മുട്ടക്കാലിബും അലർട്ടും ദുഞ്ഞാവിന്റെ മേലിൽ ഓൻ കടിപൊടി കൂടുന്ന ജാഹിദാണ് ആ റാതി നോക്കി അത് കുതിച്ചടക്കുന്നു അപ്പോ അപ്പൊ അത് ഞാൻ ചെയ്ത് തെറ്റായി പോവോ എന്നൊരു തോന്നി ഏ സെറ്റൊന്നല്ല അതാ നാദാർത്തിയാത്ത വരെ അങ്ങനെ ഉണ്ടെന്നും അയാക്ക് രാജിക്കാവുന്നുണ്ടെങ്കിൽ രാജിക്കാവില്ല എന്നാ പിന്നെ തോന്നുന്നു ും അപ്പോ പറയും പഠിച്ചോന്ന് ഞാനതിനാ ഓട്ടക്കാരനാകുന്നു ഞാനാറ്റത്തിന് ഓട്ടക്കാരനാകുന്നു എന്ന് നിങ്ങൾ കണ്ടാലും നിങ്ങളെ മാധരിയാക്കി പറയാൻ ചോദിച്ചിരിക്കും ഇത് പറഞ്ഞ് ഓപ്പറിലാക്കി വസെഞ്ചി അവർ ഇറങ്ങിപ്പോയിമൊക്കാത്തിൽ അവർ കട മാറുന്ന രോഗത്തിനാലേറി ബലക അഹിതർക്ക് നാട്ടുകാർക്കെല്ലാം തിരിഞ്ഞ് മാ ജാ ബൈനഹു ബൈനഹിരി മുക്കാത്തിൽ കാതി ആർക്കെ തീറ്റ തർക്കം കൂടിച്ചാൽ പോയി നീനും ഏ കാലു ലഹു അപ്പൊ അവരെല്ലാം വന്നിട്ട് പറഞ്ഞ് നമ്മളെ കാതയാർക്കാനെ മാത്രം ഇങ്ങനെ പറയുന്നതിനാണ് അതിന്റെ അപ്പത്തെ ഓറിയ ആദ്യ കണ്ടി ഇതിനാക്കാൻ അറ്റംപാടി കണ്ടാല് അവരുടെ പോയിക്ക് എന്നാൽ പോവാൻ നമുക്ക് അവിടത്തേക്ക് പോയി കളയാണത്തി വരാം സക്കാലു ഇന്നത്തെ കബീലി രണ്ട് പറഞ്ഞാൽ അച്ചാൽ നിന്ന് നമ്മളെ നാട്ടിലെ കാതുകാർക്കതിനേക്കാണ് ഭയങ്കര തന്നത് അപ്പൊ فصار حاسم رمي الله والنبوهي متعمدن عرى كرده قبت النبوهي براه تكارا <تصفيق> كمه اتفاقه جواده عرى كرده قبت النبوهي فدخل عليه عرى كرده شمت وقالا رحمك الله عنا رجل نعجمي ينرون برشة الله تبعجران ورحمك وحجب أن تحل من مبتدع ديني ومفتاح صلاةي വീനിന്റെ പ്രാരംഭ പാഠങ്ങളും നിസ്കാരം ഇങ്ങനെ തുടങ്ങേണ്ടെന്നല്ലൊന്ന് പഠിപ്പിച്ചേരണം അതുകൊണ്ട് കൈഫാ അത്ര വന്ന ഒരു ഞാൻ മിസ്റ്റാക്കിന് ഓടും ഉണ്ടാക്കലെങ്ങൊന്ന് പഠിപ്പിച്ചേരണമെന്നാണ് എത്ര പറഞ്ഞേക്കാലോറ് പറഞ്ഞു ഏ മനെ സ്വാഗതം കൊറച്ച് വെള്ളം പാത്രം കൊണ്ടാ പാത്രം വെള്ളം കൊണ്ടുവന്നു സകാദ തനാസത്തി ഇരുന്ന് പത്തവന്ത സലാധൻ സലാഥൻ മുമ്മൊന്ന് വട്ടം ഒതുണ്ടാക്കി തുമ്മക്കാല പറഞ്ഞ് ഹാ കഥാ ഭിന്ന് ഞാൻ ഒന്നുണ്ടാക്കി തുടങ്ങുന്നു സക്കാല ഹാത്തിയാവു എന്ന് പറഞ്ഞ് മക്കാനൊക്കെ ഇങ്ങാട്ടെന്നെ നിൽക്കുകയാ ഞാൻ ഒതുണ്ടാക്കി അങ്ങോട്ട് കാണിച്ചു തരാം ഹത്തവല്ലാ എഴുതിക്കാം നിങ്ങൾ കാണാൻ മാത്രം ഞാൻ ഒഴുണ്ടാക്കട്ടെ എന്നാൽ അൾക്കഥ നിമാൻ പഠിച്ചത് ശരിക്കാമെന്ന് ഉറപ്പുവച്ചാൽ പക്കാമത്തനാസത്തിയാളെ നിന്ന് വക്കാദ ഹാറ്റിം റബിയുള്ള ഒന്നുണ്ടാക്കി സുമ്മ കസല നിറ ഈ പിന്നെ കൈയ്യത്തരുന്ന അറബാൻ നിറഞ്ഞ നന്നാലു വട്ട കൈയല്ലി സക്കാല സനാസത്തി പറഞ്ഞു ഹാ രാജ ആത്രത്തെ അഭിസ്രപ്പായി പോയി വിശ്രപ്പായിപ്പോയി കാലട ഹാറ്റി പറഞ്ഞ് സീമാന എന്താ ഇത്ര പാൻ തരണം കാല കത്ത നിറ അയയ്ക്ക് അറബായി കൈ കൈ ും ചോദിച്ചു വാഹിനുള്ളു ഞാന് ഒരു കോറിന്റെ വെള്ളം എടുക്കുമ്പോഴേ ഇസ്രാഫാൻ പോയി അല്ലേ കാണണം അല്ല അല്ലേ ഇപ്പൊ അച്ഛല്ലാസത്തിരിച്ച അതുപോലെ തന്നെ ഇത് പഠിക്കാൻ വന്നാളൊന്നും അല്ല ഇത് വേറെന്തോ ലക്ഷ്യം വെച്ച് വന്നാളാണെന്ന് അപ്പം തിരിഞ്ഞത് ഹു നമുക്കൊരു ഉള്ളിലൊക്കെ പോക്കാന്ന് പല നാൽപ്പ് വർഷം പോക്കുന്നില്ല എന്നാൽ ഇരുത്തമായ ഭഗദാദിലെ ആളുകളെല്ലാം അവിടെ വളഞ്ഞുകൂടി സക്കാലു ചോറ് പറയുന്നു യാ അബാബ്ദുറഹ്മാൻ എത്തു വിളിക്കുന്നു അന്ത റജിലും നിങ്ങൾ റജിലാകും വലാസിൻ ആജമയ്യൻ അതോടൊപ്പം അറബിയല്ലല്ല യുക്കല്ലിങ്ങൾക്ക് അഹജു ഇല്ലാ കത്തായ നിങ്ങളോട് ആരെങ്കിലും സംസാരിച്ചെങ്കിൽ ഓന മുറിച്ചു വീഴ്ച നിങ്ങൾ മുഴുവിലല്ല നിങ്ങൾ അത് കൂട്ടുനോക്കൂലല്ല അപ്പം പറഞ്ഞേ ശരിയാണ് എനിക്ക് മൂന്ന് കാര്യമുണ്ട് അബഹറുബിനിൻ അല ഹസുനി അതുകൊണ്ട് എന്റെ എതിരി കക്ഷിനെ വിജയിക്കും എന്താ മൂന്ന് കാര്യമെന്നല്ലോ ി എന്റെ എതിരുകക്ഷിക്കാണ് സവാബ് കഴിഞ്ഞെങ്കിൽ എനിക്ക് സന്തോഷമാണ് എതിർ കക്ഷിക്ക് സവാബ് കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമായി കഥയിൽ വെച്ചു പോയെങ്കിൽ എനിക്ക് ദുഃഖം ഇതാ രണ്ട് വാഹന അല്ല അജനാടി അവനിക്കത് ജഹാലത്ത് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ എന്റെ കഠിന നല്ലോണം കാക്കൂന്നും പറഞ്ഞു എന്റെ നേരത്തെ അവിടെ ഞാൻ കട്ടാൻ പറ്റില്ല ഈ മൂന്ന് കാര്യം എന്റെ മുന്നിലുള്ളത് കൊണ്ട് ഏതൊരാളെക്കാളും എനിക്ക് ജയിക്കാൻ ചെയ്യുന്ന ഇമാമു അഹമ്മദ് ബിൻ അഹംബർ വിവരം കിട്ടി ഹത്തമുല്ല നിങ്ങളുടെ ബഹദാദിലെത്തിയിട്ടുണ്ട് സക്കാള തു മനസ്സിലാന്നറിയാം ഞമ്മക്കെല്ലാം മൂപ്പർ കാണാൻ പോകാറുണ്ട് ഹാത്തമുൽ അസമി ജയിക്കുവാണെങ്കിൽ ഹരീഫിന്റെ മുസ്തരി അഹമ്മദ് ബിൻ ഹംബൽ ഒരാളെ നമുക്ക് ഓർന്ന് കാണാൻ പോകാറുണ്ട് ഫലം ആയാലി അങ്ങനെ കാണാൻ പോയപ്പോ കാല ലഹു ആബാ അബ്ദുറഹ്മാൻ മത് കലാമത്തും ഇന്ന ദുന്യാ ദുനാവിന്റെ എന്റെ കലാമത്താലങ്ങനെയാണ് അല്ല അടുക്കി വൈസാക്കിയത് കലാമത്തിൽ ദുന്യാൽ ബൈസാക്കിച്ചതാണ് ഇങ്ങട്ടെ ബൈസാക്കിയത് കാലയാല്ല അതെ ഹലും പിന്നെ വിളിച്ചിട്ട് പറഞ്ഞില്ല ആ തസ്ല മീന്തിന്റെ ഹട്ടാ യൂനമായ അറബിസിനി നാലു കാര്യ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ എന്താണ് ഇസ്ലാമത്താവൂലുള്ളിൽ കോമി ജഹിലും മാപ്പാക്കി കൊടുക്കുക അതൊക്കെ പ്രതിഹാരം ചെയ്യുക എന്നാൽ എവിടും കരളത്തില്ല എന്നു അതാ ഒന്നാമത്തേത് റഫീലുള്ളി ജഹിൻ കോമി രണ്ടാമത്തെ മഞ്ജുക്ക തജിഹാര പറഞ്ഞത് വട്ടം ജഹി മീന്തും നിന്റെ ജഹിരി അവിടെ ഒരു കാട്ടാതിരിക്കുന്നവരുടെ മീൻ നിന്നെ കാത്തോളണം ൂപറാലിമല്ലേ ആ ജാങ്ങൾ വരുമാകുമ്പോൾ അവർക്ക് അങ്ങോട്ട് പരിമാറാൻ പറ്റില്ലല്ലോ ഇനി മൂന്നാമത്തെ തമദിനും നിന്റെ കൈമിലുള്ളത് അവർക്ക് അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാവുക മൂന്ന് തക്കോലമീ ശൈലി ആയിച്ച അവരുടെ വക്കലിന് വെള്ളനും കിട്ടൽ നിർത്തട്ട് നീ ആശ ഓർജ്ജവനാവുക എന്ന് പറഞ്ഞു അഥവാ തക്കോലമീ സൈബിൽ വിനാസി ആയിച്ചു ബാറില എന്ന് മൂപ്പറം തീ പറഞ്ഞതിനും മൂന്ന് നാല് നാല് മൂന്നു നോക്കിയിട്ടുണ്ട് അത് പൈസക്കാൻ പറ്റി കഴിഞ്ഞാൽ നീ രക്ഷപ്പെട്ടിരുന്നു മദീനക്കാർക്ക് സ്വാഗതം ചെയ്തു ജനങ്ങളോട് ചോദിക്കുന്നു ഇതേടാ നാട് മക്കളെ ാഹിമു അലഹി വസല്ലം മദീനയാണീ കാണുന്നത് എന്ന് പറഞ്ഞു റസൂരില്ലാഹിഹു അലഹി വസ്ല്ലം നബിഹു അലീവസം താമസം മാളികപ്പൊര ഉണ്ടായിരുന്നല്ല അതേപോലെയാണെന്ന് കാണിച്ചത്യ ഞാനവിടെ പോയി നിശിക്കട്ടെ എന്ന് പറഞ്ഞു കാലോ അവർ പറയുന്നു മാക്കാൻ അലഹു കത്തന തങ്ങൾക്ക് മാളികപ്പൊരൊന്നുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെന്താ ഉണ്ടായി ഇന്ന മാക്കാനലകൾ ബൈക്കിളിൽ ലാസിമ്മി ഭൂമി അവിടെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചണക്കട്ടെ ഒരു ചെറിയൊരു പരിയാനുണ്ടായിരുന്നത് എന്നാ പറഞ്ഞത് കാല എന്നാ പിന്നെ പോട്ടെ അസഹാദിമാർ താമസിച്ച മാളിക കാണിച്ചെന്നാ എന്ന് പറഞ്ഞു ഇന്നെ കൊത്തൂറും അസഹാദി റമിയന്മാരുടെ താമസിച്ച മാളിക എവിടെയാണ് കാലും ഓർ പറഞ്ഞു മാ കാനളും കൊത്തൂറും ഇന്നമാക്കാനും ഇറങ്ങി ഭൂമിയോട് പതിഞ്ഞുകിടക്കുന്ന ചെറിയ പൊരകളാണ് ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു കാല ഹാറ്റിന് പുറങ്ങി മദീനത്ത് അങ്ങനെയാണെങ്കിൽ ഇവ കീറാവിന്റെ മദീനെ ചെല്ലി കാണുന്നത് ഇങ്ങനെ ഒരു മദീനത്ത് റസൂലായി മദീനെ ചലിച്ചു കാണുന്നത് അങ്ങനെ നോക്കുമ്പോ അന്റെ അങ്ങനെ പറഞ്ഞ നാട്ടെ കൊറവാക്കിയില്ലേ െല്ലംബിയ സുൽത്താൻ അടുത്തേക്ക് എത്തി വെച്ചു കൊണ്ടുപോയിന്ന് പറഞ്ഞു ഹാദൻ അജമീന ആണ് എന്ന് പറഞ്ഞിട്ട് ഈ അയ്യ അജമയാണ് ഇയാൾ വായിൽ വാലി ചോദിച്ചു മരിമദാലിക്ക എന്താ നിങ്ങനെ പറഞ്ഞത് ഹാത്തം പറഞ്ഞു ലാത്ത നിങ്ങ പിടിക്കാൻ തിരക്കൂട്ടല്ല എന്റെ പറയിൻ്റെ കേസിൽ ആന റസൂറിൻ്റെ അജമിയും റദീബും ഞാൻ അന്റെ നാട്ടിൽ നിന്ന് വന്ന അറബി എന്ന് അറിയാത്ത ഹജമീയ ഒരാളാണ് ഞാൻ അങ്ങനെ നാട്ടിലെത്തി സപ്പോൾസ് ഞാൻ ചോദിച്ചു മദീനത്തുംഹാദി ഇതാഴും ചോദിച്ചു സപ്പാലും മദീനത്തു റസൂരില്ല മതീനിയാണെന്ന് പറഞ്ഞു സപ്പോൾസ് ഞാൻ ചോദിച്ചു പഹൈന കത്രു ഏ നബിസം കള്ളുന്നവരും താമസം ഇങ്ങനെ മാളികമാണ് അത് എടിയാൻ ചോദിച്ചു അപ്പോൾ പറഞ്ഞ അങ്ങനത്തെ മാളിക ഉണ്ടായിട്ടില്ല പിന്നെ അസഹാഭിമാര هذا يجب أن يكون هناك فرقاً وقصل إسانه سبير ورقاً ثم قال إنه برغنى وقد قال الله لقد كان لكم كي رسول الله صوت حسنى رسول الله صلى الله عليه وسلم تغلل عنه تمام عدر لهم اللهم نعمين على الله ورئيه فأنتم بمن تاتيتم مهن العرياء انبيسين العجاء بأيس حبي رسول الله صلى الله عليه وسلم تغلل عنه أم بصرع أبلي من بنى من بن جسل والآجر إلا عدم واجه ഉമ്മായോ മിച്ചക ഉപയോഗിച്ചിട്ട് വീഴുണ്ടാക്കിയ ഫിറാവിനോടാണ് അന്ന് ലിമ്പിച്ച് ഞങ്ങൾ മിസ്ത്രം പറയുത്തരങ്ങില്ല മഹാദിനി തങ്ങളുടെ ഒരു ചരിത്രമാണ് ഞാൻ ഈ പറഞ്ഞത് വസറത്തിന്റെ ചരിത്രങ്ങളിൽ നിന്ന് എളിജ ജീവിതം നയിച്ച വിഷയത്തിലും തജമ്മലിന്റെ വിഷയത്തിലും ആ എളിയ ജീവിതത്തിന്റെ വിജയം പറയുമ്പോ അതിന്റെ ചരിത്രങ്ങൾ ഇനിയും പറയുകയോ പറയാണ്ട് ഒറ്റ ആളെ അറിയുമെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പറേക്കുള്ള പറയും ഇജത്തിന് നല്ല കിട്ടാതെ നോക്കണം അത് വായും വെള്ളം എപ്രകാരം ആദ്യം മാറ്റുന്നു അതുപോലെ വിമൃഗപ്പെടുത്തോളുന്നുണ്ട് ഇഞ്ചത്ത് ഇഞ്ചത്തിന് മുഖത്തിലുണ്ട് ഇടേ ഇത് മാസം ഞാൻ വാങ്ങാൻ വേണ്ടി ഇനി വില കുറഞ്ഞു വെച്ചതല്ലേ തന്നെ ഇപ്പം വാങ്ങല രാവിലെ ഞാൻ ദിവസത്തെ കുറച്ചിട്ട് മനസ്സിലാന്ന് പറഞ്ഞു <Sess> ി ഒരുപോളി ചിഹ്ന കൊണ്ട് കൊൽപ്പത്തോന്നില്ല അധികത്തിനൊന്നും കളയാതെ ആക്കിയിട്ടുള്ളത് അധികത്തിൽ എല്ലാം ഒഴിവാക്കിയിട്ട് നാല് രൂപയിൽ സിഫത്സപ്പാണ് അതിലൂടെ മക്സൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ അധികം വന്നതും അധികത്തിന്റെ നീങ്ങിന്റെ സന്നദ്ധകള് പിന്നെ പറയാൻ ആവശ്യമില്ലാത്ത പോലെ ബൈസുകള് അല്ലെങ്കിൽ ഒഴിവാക്കിക്കൊണ്ട് നാളെ ജില്ലയിലെത്തി അത് അന്ധസമ്മേളം ചോദിച്ചു ഹൈ മുഖലാക്കി അതുകൊണ്ടുതന്നെ ഹരിയക്ക് മുഖസ്ഥിന്റെ ധൈര്യത്തിന് നീ വായിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്കാരി അന്നേരം തിരികെ പത്ത് കാശ് നമ്മളെ കൊണ്ടൂല മുൻകഴിഞ്ഞാടെ മണ്ണ് തൊടാൻ പോലും നമുക്ക് അധികാരിയില്ലാന്ന് തിരി അന്നേരാണ് മുൻകരിഞ്ഞാടെ മഹാദേവ് ഗാന്ധി പോലെയൊക്കെ വിചാരിടം അതിനെ അബുദഹമാനം ജോലി എസ്റ്റാറാക്കി മഞ്ഞ് മുന്നാക്കൾക്കാത്തിനീന എസ്റ്റിക്കാറാക്കിയപ്പോ ഹരിയത്തെ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞു ആ അതെ ഹരിയത്തിന് ഞാനുണ്ടാക്കി നീ സുപത്വ സഭവരണ്ട് ഞാൻ എസ്റ്റിസ്ഥാറാക്കിയിട്ടുണ്ട് നീ വായിക്കണം അന്നേരം അതിജീതി ഏഹ് മഹാന്മാരുടെ വീട്ടിൽ പറഞ്ഞ ഒരു മുറുകായി നമ്മൾ ജീവിക്കുന്ന കൈകാര്യം അവരെ വളർത്ത മുറുക അന്നേരം ജീവിതം മറ്റൊരാളുണ്ടാക്കിയ കിതാബിനെ മൂപ്പരക്കം രാജ്യമാക്കാൻ വേണ്ടി നമുക്ക് ഒറഞ്ഞെടുത്തോളം ഞാനത് കണ്ടിട്ടുണ്ട് എന്തെങ്കിലും നമ്മൾ നോക്കിയില്ല പത്ത് പള്ളിയുണ്ട് പതിനൊന്ന് പൊള്ളി ഉണ്ടാവും ഒന്ന് ഇതാന്ന് കേറക്കാന്ന് പട്ടിക ഉണ്ടാവും അല്ലേ ഇഷ്ടമല്ല കിട്ടുന്ന കിതാബ് അത് ിവസപ്പൊത്ത ദിവസത്തെ അതിന് പട്ടികയില്ല അത് നമ്മ ഈ സാധാരണ പട്ടിക ഇങ്ങനെ നോക്കിയാൽ മറ്റേ പറ്റി കൊടുക്കുന്നു മറ്റേത് ഒരു ജിബു തന്നെ ഉണ്ടാവുമല്ലോ പട്ടികന്ന് തന്നെ വലിയ ജാമ്യമായ പട്ടിക ആയത്തുകള് ഹരീസുകള് വേദികളെ ആരാധകൾക്ക് പ്രത്യേക രീതി അധികൃതല്ല പുതിയ പുതിയ തങ്ങനൊക്കെ ഉണ്ടല്ലോ അരിപ്പൊണ്ടു തുടങ്ങുന്ന ഹദീസ് ബാഗ് കൊണ്ടു തുടങ്ങുന്ന ഹരീസ് താ കൊണ്ടു തുടങ്ങുന്ന സാഗോണ്ടെ ഇന്ന ഹരീശം വന്ന ചന്ദനം അതൊരു ചെറിയ ഇന്നാൾ യുവാത്തി ഹരീഷവിടെ ഇന്നാളെ പേരോടെ കിട്ടിയിരിക്കാമിനി ആയിരമുന്നൂറ് നാളുകൾ പറ്റുണ്ടാവും കുറാനാഴ്ചകളുണ്ടാവും കണ്ടുപിടിച്ച മണ്ണികൾക്കുണ്ടാവും അത് പറയുന്നതിനുണ്ട് സാധനമാരുണ്ടെങ്കിൽ തന്നെ ചേർത്തെ വിനയിച്ചാൽ മതി പുതിയ വിടുന്നു ശരി പറഞ്ഞെ അപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ ആഡംബരം മേസിംഗസിനെ ഒന്നും പൊരുത്തു വെക്കൂടാന്നെങ്കിൽ പറഞ്ഞിടത്തോളം ചോദിച്ചു ഇതിലുള്ള തെഹത്തേക്ക് പറയാം അന്നത്തെ തൈമുബാഹി ഹറാമി മുബാഹായ കാര്യങ്ങളെ കൊണ്ട് ഭംഗിയാവലി ഹറാമൊന്നുമല്ല അതൊന്നും നമ്മൾ പറഞ്ഞില്ല പക്ഷെ വരാത്തിനും ഹൗ ഫീഹി പക്ഷെ അതിൽ തന്നെ പൂണ്ടുപിടിച്ചാൽ എന്താകുന്ന യോതി പുല്ലുസിഹി ഹത്തായുഹു അതുകൊണ്ടെന്താക്കും ഒരിക്ക വിളിച്ചു വന്നിട്ട് അത് ഉപേക്ഷിക്കൽ പ്രയാസമായി മാറും അതാ ഞാൻ പറയുന്നു അപ്പൊ ദീനത്ത് കഴിഞ്ഞയാക്കണമെങ്കിൽ എല്ലാ സുഖ്യമില്ലാതെ പല അസുബാധുകൾ ഒരുമിച്ചു കൊടുക്കുന്ന എല്ലാം സാധിക്കില്ലല്ലപ്പോ അപ്പൊ ഞാൻ സമം ഈ മുറാ ഹാറ്റിനുപാടുകൾ പരിഗണിക്കുമ്പോൾ ഉണ്ടായിത്തീരും നിർത്തിക്കാത്ത ആറ്റി പല തരത്തിലുള്ള മാറ്റുകളൊക്കെ പ്രവർത്തിക്കേണ്ടി വരും ഈ സാധനങ്ങൾ തന്നെ വിദേശത്തായിട്ട് നമ്മൾ ആട്ടി കിട്ടും നമ്മുടെ ആട്ടി കിട്ടിയുടെ എൻ്റെ പിന്നെ കൊണ്ടുതരാപ്പാന്നൊന്നും അല്ല അപ്പൊ അയാൾ ഉണ്ടാക്കണം എന്ന് കോപ്പടണം പിന്നെ ഉദാഹരണത്തിന് ഉണ്ടാക്കണം അപ്പൊ മുറാകാട്ടികൾക്കു പടപ്പുകളെ ഒന്നും മുറാട്ടെയ്യണോ ഓരോ കുട്ടിയാക്കണ്ടേ അപ്പൊ മുറാത്തിയും ഓരോരുത്തരെ വിയാകെല്ലാം പ്രകടിപ്പിക്കണം ഓ ഊറും ഹറ അങ്ങനെ വേറെ പല കാര്യങ്ങളൊക്കെ കൂട്ടിപ്പിടിച്ചാലേ താളി നെത്തിട്ടുണ്ട് അതാണെങ്കിലും ഹയ്യ മാഹമ ഓർത്തു അപ്പൊ തദ്ഞ്ചി നല്ല ദൈന്യാക്കാൻ ഉണ്ടാവുന്ന മാറ്റത്തിലേക്കും കത്തിക്കുന്നു അതുകൊണ്ട് വാഴം ഉചിത്തിനാബുദാനിക്കുക അതുകൊണ്ട് നല്ല മനസ്സെടുത്ത് ഉണ്ടാകാതെ അതാതും തന്നെ മധ്യ താഴനെ വെള്ളം ിയന്ന മഹാദിന്ദും ഞാൻ കാണാം കുഞ്ഞാവിനേക്കൊരാൾ ആഴത്തിലറിഞ്ഞാല്ല എത്തണമോ പിന്നാൻ പറ്റ ഒരിക്കലും അതിന് കലാമത്താണോ പോകില്ല അങ്ങനെ പറഞ്ഞ് അത് ഞാൻ സൂപ്പിച്ചോളാൻ അവൻ സൂക്ഷിച്ച് നിന്നോളാൻ അല്ലെങ്കിൽ തെരുത്തിൽ നിൽക്കാം അങ്ങനെ തെരുത്തിൽ കഴിയുമെങ്കിൽ ലഭിച്ചുള്ള അനുഭവം നിൽക്കാതെ കയറാണ്ടേ കുഞ്ഞാ വരമം നടത്തിയാലും താങ്കൾ അനിയോ കുമ്പിട്ട് മൂലല്ല അതാ പറയുന്നു പലോക്കാലത്ത് സലാമത്തും അമൃത ദുരിയാവിന്റെ പൂണ്ട് പിടിക്കലോടൊപ്പം തന്നെ അതിന്റെ ഭിത്തിനകത്തൊണ്ട് കലാമത്തായുണ്ടാകുമെങ്കിൽ അനിയവർക്കിൽ ദുരിയാവിന്റെ തർക്കിൽ തങ്ങൾ ഒന്നും കാട്ടണ്ടല്ല തങ്ങൾക്ക് ഞങ്ങൾ പിടിച്ചിട്ട് വീട്ടിലും നീ ന്യായം പറയലേ അതല്ല നമ്മൾ തടിയിൽ പൊടിപ്പത്ത് മാത്ര മനസ്സിലന്നിട്ടില്ലാന്ന് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ താമല്ല പറഞ്ഞിരുന്നു അപ്പൊ ഇങ്ങനെ ഒന്നുമില്ല ഇപ്പൊ ഇതും മുത്തൽ അലം പുള്ളികളും വരകളൊക്കെയുള്ള മുത്തപ്രദ കമീസ് പോലെ തങ്ങൾ ഊരിക്കടന്നാവാൻ അതിലേക്ക് നോക്കിയാൽ എന്റെ കൽപ്പു ചൂലായി പോകുന്നു എന്റെ കണ്ടം വനതാത്തൽ ഹുത്തുബാ ഹുബോധിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ സ്വർണത്തിന്റെ മോചനം തങ്ങൾ ഊരിക്കടന്ന് അത് അതിനു താളിക്കാം മിമ്മാ ബജാനു അതിന്റെ വിശദീകരണം ഇതൊക്കെ എഴുതുന്നില്ല لقد رضي عن يحيى بن يزيد بن يزيد بن نوفل رضي الله عنه كتب الى مالك بن انس رضي الله عنه التقديم امام العلماء بسم الله الرحمن الرحيم وصلى الله على رسوله محمد في الاولين والاخرين كتبنا لكم من يحيى بن يزيد بن عبد الملك الى مالك بن انس عبد الملك بن مهران هذا يزيد يزيدنده مولانا يحيى ആഴ്ചകത്ത് മാലിക്കുമുസരണങ്ങൾ മദീനത്തി മാമാണല്ലോ അമ്മാ ബാദുസക്കത് ബലകനിയാൻ എന്നൊക്കെ തൽവസിക്കുർ കാക്കൽ എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട് നിങ്ങൾ നല്ല പദമുള്ള നാഗങ്ങൾ മാർഗവമുള്ള വസ്തുക്കൾ ധരിക്കുന്നു എന്നും ഏ നല്ല തെള്ളി വൃത്തിയാക്ക റസൈക്കായ വസ്തുക്കൾ എന്നും മാർഗവമുള്ള വിധിപ്പിൽ നിങ്ങൾ ഇരിക്കുന്നു എന്നൊക്കെ വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഹാജിബാഗ് നിങ്ങളുടെ ബാധിച്ചത് കാവൽക്കാരനാക്കിയിട്ടുണ്ട് എന്നും ഏ വക്കത് മതിരച്ചി നിങ്ങൾ എൽമിന്റെ മതിലത്തിലാണ് ഇരിക്കുന്നത് വക്കതങ്ങളുടെ മധ്യയിലേക്കും അത്രയോ ധാരാളം വാഹനങ്ങൾക്ക് അടി കിട്ടപ്പെട്ടത് നിങ്ങൾ തെളിഞ്ഞു വന്നിട്ടുണ്ടാകുന്നു എന്നുവെച്ചാലോ പൊട്ടങ്ങ സ്ഥലത്ത് തിരിച്ചുപോടിക്കാൻ വരുമല്ലോ അപ്പോൾ വാഹനത്തിന് വേഗം ഓർഡർ കൊണ്ട് ഇങ്ങനെ അടിച്ചു വർത്തഹലയിലേക്കെന്ന ജനങ്ങൾ നാനാഭാഗത്തിന് യാത്ര വരും നിങ്ങളിലേക്കാണ് വർത്തഹലൊക്കെ ഇമാ നിങ്ങൾ ഇമാമായിട്ട് അവർ അംഗീകരിച്ചിട്ടുണ്ട് അവർ അന്നുകൂടി പ്രവരിക്കാം നിങ്ങളെ വാക്കുകൊണ്ട് അവർ പൊരുത്തപ്പെടുന്നുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാ പറ്റൂല ഭക്തത്തില്ലാത്തല ആ മാലിക്കും ആലിക്കും ഇത്തമാക ഈ തവാദോ എന്റെ നിങ്ങൾ ഒന്നാണ് സൂക്ഷിക്കണം എന്നാണ് കത്ത് ഖത്ബത്തുലൈഹി കെ ബി നസീഹത്തി മിന്നി അൻദവത്തിൽ നിന്നുള്ള നസീഹത്തു കാരണത്താലാണ് ഞാൻ എടുക്കുന്നത് മത്തറ അലൈഹി വ റസൂലല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത വാറാദി ഖത്ബ അർദിച്ചില്ല സലാം ഈ ഖത്ബറ്റി പ്രകതബൈലിഹി മാലിക് റസൂലുള്ളാഹി ഖത്ബ വകി അങ്ങോട്ട് ദിച്ചരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സ്വല്ലല്ലാഹു അലാ മുഹമ്മദി നിങ്ങൾ കത്ത് കിടക്കി അതുകൊണ്ട് അഥവ് പഠിപ്പിച്ചൽ കാരുണ്യം നസിഹത്തിന്റെ തന്നെ അതിനെ വെച്ചിരിക്കുന്നു അതിൽക്ക് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അംസഹക്കി തവ കൊണ്ടല്ല നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ ഈ നസിഹത്ത് വരതി പ്രദാനം ചെയ്യട്ടെ എന്ന് പറഞ്ഞു എന്നിട്ടോ ഈ രണ്ട് വശ കൂട്ടുന്നു അതിന്റെ മസ്തല ഒരു ഭാഗത്ത് ഞാൻ ഇന്നോട് ഇതിൽ എല്ലാം ഒഴിഞ്ഞ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു പറഞ്ഞു അതിന്റെ മസ്തല വശണ്ടല്ലേ നിങ്ങൾ വേറെ വച്ചാ ആരാന്നിട്ട് മറിച്ചല്ലേ വേണ്ടി وقال الله توفيق ولا حول ولا قوه الا بالله اني ما ما ذكرתי اني आकर الرقاق والدقاق وحتى ديبو اجد السر الوقتാണ് 3 ആടവം ഒന്ന് മാടുമ്പോൾ വട്ടം દેിക്കുന്നുണ്ട് നല്ല വീതിലിക്കുന്നുണ്ട് പിന്നെ ദഖികായ മക്ഷമൊക്കെ കേിക്കുന്നുണ്ട് 110 ആണ് അത് കാണിച്ച ಅದಕ್ಕೆ നമ്മ ചെയ്യുന്നത് സമ്മതിച്ച് വസ്തവ റുള്ളാહ തഹാന ಅದಕ್ಕೆ പോവാം Fakir qale Allahu da leku alman harzama dienat Allah in-neity ashrad hira iba'dihī wa talibāti ma nazisi wa q من kini ula Bevishi navy Takira هذا علamiی an Hasii'na Na Mahin, 거는 الع أس Dani Oblaya? reen بالاتخاب اناrun decoration المпاطل 있잖아요 كانت اللازل ربح الأهل كفقة Wirtime وظ Museum س Hoe ادخولك وره عمره لح heter വൈ നീലമു എന്നാലും ഞാൻ അറിയുന്നുണ്ട് അന്ന തർക്കതാലിക്കൈവിനം ദുഃഖി അത് പ്രാവർത്തിയമാക്കുന്നതിനാക്കാൻ ഒഴിവാക്കല നല്ലത് എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് അത് ഹറാമാ പറയുന്നില്ല അതാ ഓരോ ഹുക്കുമിനും അതിന്റെ ഹുക്കുമേലേ കൊടുക്കാൻ പറ്റുള്ളൂ വല്ലാത്തതായാ മീൻ കിട്ടാമെച്ച ഇനിയും കത്ത് കുറക്കണ്ട ഇനി എരികൊണ്ടോ പല സ്നാനും മീൻ കിട്ടാൻ നമ്മൾ അങ്ങോട്ടും മറുപടി വരുന്നതിന് നമ്മളൊന്നും കുറക്കൂല കൊച്ചല്ല тур ഇവര നോക്ക മോം പറയിലാ ഹിസാബ് മാലിക് റബ്ബല്ലഹു ഇന്നൽ ഹിസാബ് ഖണ്ട ഇദാ ഹതറഫ അന്ന തർക ദാലിക ഖൈറ മന ദുഹൂരി ഫീഹി നുഖററു സംമദി ഇന അല വറ നഹിയുന്നൊന്നും പറഞ്ഞില്ല അത ക മസ്അലന്താകി വാ കറ അൻഹു മുബാഹ് അദ മുബാഹാന എന്ന കാര്യം ആയി മസ്അല മസ്അലൈ പ്രതീക്ഷ കൊടുക്കും നീ നഖദ സദക ഫീ ഇമാ ജമീഅൻ ദൻദില മുബറദകി സാദിക്കരന്നിയ അലികേയാന പെറ്റെലിൻ അനി കാര്യത്തിൽ വെച്ചൂടാണോ ിൻ ഹി മൻസിമിനെ പോലെ അവരുടെ പദവിയിൽ നിൽക്കുന്ന ഒരാള് സ്വന്തം കുറ്റം സംബന്ധിച്ചോടുള്ള ഇത്തരത്തിലുള്ള നസിഹത്തിന്റെ വിഷയത്തിൽ അങ്ങനെയുള്ള ഒരു മാലിക്മാമിനെ പോലുള്ള ആള് ഇത്തരത്തിലുള്ള എസ്ഹാറ്റ് സ്വീകരിക്കാൻ തയ്യാറാവുന്ന ഒരാള് അങ്ങനെയാണെങ്കിൽ അയാളെ മനസ്സുണ്ടാവും തക്കവ കൊണ്ട് ശരിക്കും മുബാഹി മാത്രം എടുക്കാനുള്ള കഥ നിൽക്കാനായിട്ട് ചെയ്യുമല്ലോ പക്ഷെ എന്നാൽ നിന്നുള്ള പറഞ്ഞില്ലല്ലോ ഇങ്ങനത്തെ നസീറ്റ് പറയും എന്നാൽ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരാൾ തക്കവ എത്ര മാത്രമുണ്ട് തിബറും പടാ എന്ന് പറയാൻ മനസ്സിലില്ലല്ലോ മുബാഹിന്റെ കഥണ്ട് മാത്രം നിൽക്കാൻ തന്നെ അവർക്ക് സാധിക്കും എന്നാൾ നിൽക്കുന്നില്ല എന്നാ തീരുമാനിച്ചത് തകമാ തകമാന്നൻ മറ്റിടക്കവല്ല തക കവിയ യകമാൻ മുലാഹിയ ഫിലാദു നഫ്സുഹു അവര നഫ്സു സതിബ്രാബിക്കും അനൽ വഖൂഫ ഫിൽ അഹുദിൽ മുബാഹ് മുബാഹിൻ്റെ അബേ ഹദ്ദ മ നിൽക്കാൻ ഓർക്ക് തെജ്ജല്ലോ എന്നിട്ട് മണിക്ക് നിൽക്കാൻ കഴിയുമോ എന്ന് മാർഗ്ഗിച്ചു ഞാൻ ആ രീതിയിലാണ് നടത്തുന്ന എന്നല്ല പറഞ്ഞതു ഹതാ ലാ യഹമലുഹു ദാലിക്കൽ മുറാഅതി വൽ മുദാഹതി വതവജബു ദിൽ മക്റൂഹ മക്റുഹാത്തിലേക്ക് അതിരി വൃത്തി കിടക്കാനും മറ്റുള്ള ആള് തോപിടാനും മുറഹാത്ത് കാണിക്കാനും ഓറ പ്രേരിപ്പിക്കൂല നമുക്കറിയാം എന്നാലും ഓറെന്താക്കി അത് പിന് പിന്മാറി വമ്മുഹു ഖൈറങ്ങനല്ല പലായക്കെതിരു അലേഹി ഓർക്കാൻ സാധിക്കുകയും ചെയ്യൂല അതുകൊണ്ട് മുഹായ തനഹമിന്റെ മേൽ തന്നെ ചടഞ്ഞുകൂടുക എന്നുള്ളത് പമ്പിച്ച് അപകടം വരുത്തുകയാണ് ദൂരത്താക്കി കളിയും അപകടകരമായ കാര്യങ്ങളിൽ നിന്നെല്ലാം ദൂരത്താവിൽ ആണ് ഹസിയത്തിന്റെ ഹാസിയത്ത് എന്ന് മനസ്സിലാക്കണം അപ്പൊ നമ്മോ ഉപായം മാത്രത്തുള്ള ന്യായീകരിക്കാനുള്ള സാധ്യതയല്ല അങ്ങനെ മരുന്ന് അതിന് കഴിയല്ലോ